ഹങ്കാരത്തിന്റെ ത്യാഗമാണ് യജ്ഞം സ്വാർത്ഥതയുടെ ഓരോരിക്കലും സ്വാർത്ഥത ത്യജിക്കപ്പെടുമ്പോഴും നമ്മൾ അറിയാതെ സ്ഥൂലമായ മണ്ഡലത്തിൽ ആത്മവിചാരം ചെയ്യാണ് ആത്മവിചാരംന്ന് എന്താ ഞാൻ എന്നുള്ള അഹങ്കാരം എവിടെ ഉദിക്കുന്നു അത് മൂലത്തിൽ അടങ്ങുന്നതാണല്ലോ ആത്മവിചാരം അത് യജ്ഞം ചെയ്യുമ്പോ നാച്ചുറലായിട്ട് ആത്മവിചാരം നടക്കും എന്താന്ന് വെച്ചാൽ എന്നെ തള്ളിക്കളഞ്ഞ് എന്നെ തള്ളിക്കളഞ്ഞാൽ തന്നെ പിന്നെ ഞാൻ ആർക്കു വേണ്ടി ചെയ്യണമെന്നുള്ളതല്ല എന്നെ തള്ളുന്നുവല്ലോ അതിലാണ് യജ്ഞം അല്ലാതെ ആർക്കു വേണ്ടി ചെയ്യുന്നു ആർക്ക് വേണ്ടി കൊടുക്കണമെന്നുള്ളതല്ല പ്രധാനം ഞാൻ ഇല്ലാതാവണോ ആ ക്ഷണത്തിൽ ഏത് ഏത് കർമ്മത്തിൽ ഞാൻ ഇല്ലാതാവുന്നു അതൊക്കെ യജ്ഞമാണ് അങ്ങനെയുള്ള യജ്ഞം ഈ ജീവനെ സ്വതന്ത്രമാക്കിക്കൊണ്ടേരിക്കും आ यज्ञ वरण सकल प्राण भगवत्स्वरूप आ यज्ञ फल की सकल प्राणी अंतरियामी भगवान कपिलवासुदेवन अदान पर अथमा सर्वेश भूतेषु भूतात्मा कृदालय अर्हये दानाभ्या मैत्री अभिन्न चक्षुषा സകല പ്രാണികളുടെ ശരീരവും അമ്മേ ഒരു ആലയമാണ് അമ്പലമാണ് ആ അന്തര്യാമിയായിട്ട് ഞാൻ തന്നെ കുടികൊള്ളുന്നു അതുകൊണ്ട് ഓരോ പ്രാണിക്ക് ചെയ്യുന്നതും എനിക്ക് ചെയ്യുന്നതാണെന്നുള്ള ഭാവത്തോടെ ചെയ്തുകൊള്ളു ആ പൂജയാണ് ആരാധനയാണ് അത് ആരാധനയാണ് ആ ആരാധനയുണ്ടെങ്കിൽ ആ ആരാധന വലിയ യജ്ഞമായിട്ട് മാറും ർമ്മ കൗന്ത മുക്തസമാചര അതുകൊണ്ട് കൗന്താർത്ഥം യജ്ഞത്തിനായിക്കൊണ്ട് ചെയ്യും യജ്ഞവും എങ്ങനെ ചെയ്യണം അതും ഒബ്സക്ഷൻ ആവാൻ പാടില്ല എനിക്ക് ഇന്ന് ചിലര് സർവീസ് എന്ന് പറഞ്ഞ് തുടങ്ങി കഴിഞ്ഞാൽ വേണോ വേണ്ടയോ സർവീസ് ചെയ്ത് ബാക്കിയുള്ളവരെയൊക്കെ ബുദ്ധിമുട്ടിച്ചു അങ്ങനെ ആവാൻ പാടില്ല മുക്തസംഗ സമാചര എന്നാണ് ഒന്നും ഒരു ഒന്നിലും ഒബ്സക്ഷനെ പാടില്ല അത് നിന്ന് പോകുകയാണെങ്കിൽ നിന്ന് പോകട്ടെ നടക്കുകയാണെങ്കിൽ നടക്കട്ടെ ഇറ്റ് ഷുഡ് ബി നാച്ചുറൽ സ്പോൺറ്റേനിയസ് സംഘമില്ലാതെ ഒന്നിലും അറ്റാച്ച്മെന്റ് ഇല്ലാതെ ഒരു പ്രത്യേക കർമ്മത്തിൽ നമുക്കൊരു അവസരം കിട്ടുമ്പോൾ അതിനെ ഉപയോഗപ്പെടുത്തി നിസ്വാർത്ഥമായി ചെയ്താൽ മതി നമ്മൾ അതിലൊരു ഇൻട്രസ്റ്റ് കാണിച്ചാൽ അതിലൊരു സ്വാർത്ഥത വന്നുപോകും സോഷ്യൽ സർവീസ് എന്ന് പറയുന്നതിലും അറ്റാച്ച്മെന്റ് വന്നുപോയാൽ അതിൽ സ്വാർത്ഥതയുണ്ട് മോക്ഷത്തിൽ അറ്റാച്ച്മെന്റ് വന്നു സ്വാർത്ഥത ബാക്കി നിൽക്കും സ്വാർത്ഥത വിടലാണ് ഈശ്വര സാക്ഷാത്കാരം അല്ലാതെ ഈ സ്വാർത്ഥ രൂപത്തിലുള്ള അഹങ്കാരത്തിന് ഒരു ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാവാൻ പോണില്ല വളരെ സൂക്ഷ്മമാണ് വിഷയം ഈശ്വര വേണം എന്ന് പറഞ്ഞ് അറ്റാച്ച്മെന്റ് വന്നാൽ പോലും സ്വാർത്ഥത വന്നു പോകും അതാണ് ആശയൻ ആശയൻ ഈശ്വരനോടാകിലും ആശയൻ ഈശ്വരനെ പ്രാപിക്കാൻ എന്ന് പറഞ്ഞ് ആശ വെച്ചാ പോലും സ്വാർത്ഥത സ്വാർത്ഥത നിശേഷം യാതൊന്നിലും പറ്റിക്കൂടിയിട്ടില്ലെങ്കിൽ അയാള് ജീവിക്കുന്നത് തന്നെ യജ്ഞമാണ് അയാളുടെ ഓരോ ചലനവും യജ്ഞമാണ് അതാണ് ജീവൻ മുക്തന്മാരുടെ നിരന്തരം അവര് യജ്ഞമാണ് അത് ജ്ഞാനയജ്ഞമാണ് വേദം അതുകൊണ്ട് അതിനെ ന്യാസം സന്യാസം എന്ന് പറയുന്നു സന്യാസം എന്ന് ജ്ഞാനമാണ് സാക്ഷാത്കാരം സാക്ഷാത്കാരമുള്ളവൻ നിരന്തര യജ്ഞം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ആ ഈ നമുക്കൊക്കെ സാധാരണ മനുഷ്യർക്ക് ഭഗവാൻ ഒരു കാമധേനുവിനെ തന്നിട്ടുണ്ട് ആ കാമധേനു എന്താന്ന് വെച്ചാൽ യജ്ഞമാണ് അടുത്ത ശ്ലോകം അതാണ് പറയാൻ ഈ യജ്ഞം അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ വിചാരിക്കുന്നത് ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും പക്ഷെ സീക്രട്ട് എന്താന്ന് വെച്ചാൽ ആഗ്രഹിക്കാത്തവന്റെ മുമ്പിൽ എല്ലാ കാര്യങ്ങളും നടക്കും ആഗ്രഹിക്കുന്നവൻ ഭിക്ഷ ഭിക്ഷക്കാരനാണ് ആഗ്രഹിക്കാത്തവൻ ചക്രവർത്തിയാണ് ആഗ്രഹിക്കാത്തവന്റെ മുമ്പിൽ എല്ലാവരും അതുകൊണ്ടാണ് നോക്കുക സന്യാസിയാണെങ്കിൽ അയാളുടെ മുമ്പിൽ എല്ലാവരും വന്ന് എന്തെങ്കിലുമൊക്കെ ഞാൻ സ്വാമി ഇത്തിരി നിങ്ങളുടെ മുമ്പിൽ ഒരു പാട്ട് കച്ചേരി നടത്തട്ടെ എന്ന് പറഞ്ഞൊരു സംഗീതക്കാരൻ വരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ കൊണ്ടുതരട്ടെ എന്തുകൊണ്ട് ഈ ആഗ്രഹമില്ലാത്തവരുടെ പുറകെ ആഗ്രഹങ്ങളൊക്കെ നടക്കും ആഗ്രഹിക്കണവനോ ഒന്നും നടക്കില്ല നമുക്ക് ലോകത്തിൽ ഇതിന്റെ ഫിനോമിനൽ നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കാം ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ തന്നെ പ്രകൃതി അയാൾക്ക് എന്തും ചെയ്തു കൊടുക്കാൻ എന്ത് വേണമോ എസെൻഷ്യൽ ആയിട്ടുണ്ടോ അതൊക്കെ ചെയ്തു കൊടുക്കും അതുകൊണ്ടാണ് ഈ യജ്ഞത്തിന് കാമധേനു എന്ന് പറയാൻ കാരണം നമുക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളുടെ കാര്യമൊക്കെ ഭഗവാൻ ചെയ്തു യോഗക്ഷേമം വഹാമ്യഹം നമ്മളുടെ സ്വാർത്ഥതയിൽ നമ്മൾ അശ്രദ്ധരാണെങ്കിൽ നമ്മളുടെ സ്വാർത്ഥത നടത്തേണ്ട ശ്രദ്ധ നാരായണനും ഉണ്ട് അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് സൃഷ്ടി ആരംഭത്തിൽ പ്രജാപതി പ്രജകളെയൊക്കെ സൃഷ്ടിക്കുമ്പോ തന്നെ യജ്ഞത്തോടു സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് എന്നുവെച്ചാൽ നിങ്ങൾ യജ്ഞം ചെയ്തുകൊണ്ട് ജീവിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ശ്ലോകം നോക്കുക പ്രജാ സൃഷ്ട പ്രജാഹെന്ന് വെച്ചാൽ എല്ലാ പ്രജകളും എല്ലാരെയും സൃഷ്ടിക്കുമ്പോ പ്രജാപതി ബ്രഹ്മാവ് ഞങ്ങൾ എങ്ങനെ ജീവിക്കും എന്ന് ചോദിച്ചു അത്ര ഈ പ്രജകൾ അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു സഹയജ്ഞാഹ നിങ്ങളിതാ യജ്ഞം എടുത്തുകൊണ്ടു പോവുക ത്യാഗം ചെയ്യ ലോകത്തിലെ എല്ലാ പ്രാണികളും അവരവർക്ക് വേണ്ടി ജീവിക്കുന്നു മനുഷ്യരെ സൃഷ്ടിച്ചപ്പോൾ മാത്രം നിസ്വാർത്ഥതയെ പഠിപ്പിച്ചു ഒരു നായിക്കിത്തിരി ഭക്ഷണം ഇട്ടു കൊടുത്ത് എല്ലാം കൂടെ കടിക്കാൻ വരും പ്രജകളോട് ബ്രഹ്മാവ് പറഞ്ഞു നിങ്ങളെ യജ്ഞം ചെയ്തുകൊണ്ട് ജീവിക്കും സഹയജ്ഞ പ്രജാ സൃഷ്ടത്തിൽ മൃഗങ്ങൾക്ക് പോലും യജ്ഞമുണ്ട് നമ്മൾ മൃഗങ്ങളെയും സ്വാർത്ഥർ എന്ന് പറയുന്നത് ശരിയല്ല അവരവരുടെ അവരവരുടെ സ്വഭാവത്തിനനുസരിച്ച് അവർ യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പ്രകൃതിയിൽ ഗ്രഹങ്ങളൊക്കെ യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുന്നു സൂര്യചന്ദ്രന്മാരൊക്കെ യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വായു യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പ്രകൃതിയിൽ ഓരോ എലമെന്റും യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ പ്രജാഹ എന്നുള്ള പദ്ധതി അടുത്ത് മനുഷ്യരെന്ന് മാത്രം പറഞ്ഞാലും പോരാ ഓരോ എലമെന്റും പ്രജയാണവിടെ പ്രജാപതിക്ക് അപ്പൊ പ്രകൃതിയിലുള്ള സകലത്തിന്റെ ഉള്ളിലും ഈ യജ്ഞത്തിനെ ഹൃദയമാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഭഗവാൻ പറഞ്ഞു എത്ര അനേന പ്രസവിഷ്യത്വം ഇതിൽ നിന്നും നിങ്ങൾ പുഷ്ടിപ്പെട്ടു പുഷ്ടിപ്പെട്ടു വരൂ വഹ അസ്തു ഇഷ്ട കാമധുഖ് നിങ്ങൾക്ക് ഈ യജ്ഞം ഇഷ്ടകാമത്തിനെ തരുന്ന ഒരു കാമധേനുവായിട്ട് തീരട്ടെ കാമത്തിനെ ദോഹനം ചെയ്യുന്നതായിട്ട് തീര കാമദോഹനം എന്താണ് നമ്മൾ നമ്മളെ ഭഗവാന് അർപ്പിക്കുകയാണെങ്കിൽ ശരണാഗതി ചെയ്യുകയാണെങ്കിൽ ഈ ശരീരത്തിന് എന്തൊക്കെ ഭോഗമോ യോഗമോ എന്തൊക്കെ നടക്കാനുണ്ടോ അതൊക്കെ നടത്തി നമ്മളെ പൂർണ്ണമാക്കും യജ്ഞം ചെയ്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ യജ്ഞം ചെയ്യുന്ന ഓരോ പ്രാണിയെയും രക്ഷിക്കേണ്ടത് പ്രകൃതിയുടെ കർത്തവ്യമാണ് യജ്ഞം ചെയ്യുന്നവരുടെ ശരീരവും ആരോഗ്യമായിട്ട് ഇരുന്നേ വെക്കും മനസ്സും ആരോഗ്യമായിട്ട് ഇരുന്നേ വെക്കും ബുദ്ധിയും ആരോഗ്യമായിട്ട് ഇരുന്നേ വെക്കൂ നമ്മൾ വിചാരിക്കുന്നു നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്താൽ നമ്മളുടെ കാര്യം ആരും നോക്കും എന്നാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളില്ലാതായാൽ പ്രപഞ്ചം മുഴുവൻ നമ്മളെ നോക്കും പ്രഹ്ലാദൻ തനിക്ക് സ്വയമേവ ഒരു ചെറിയൊരു സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ടാക്കിയ രക്ഷപ്പെടാൻ പറ്റുമോ പ്രഹ്ലാദിന് ഒരു സെക്യൂരിറ്റി ഫോഴ്സും ഇല്ല അല്ലേ ഭഗവാന്റെ ഫോഴ്സേ ഉള്ളൂ ശരണാഗതി ചെയ്ത് താനില്ലാതായി ആ കുട്ടി നിൽക്കണു ഒരു ജഡ്ജ്മെന്റ് ഇല്ല താൻ തന്നെ രക്ഷിക്കലില്ല യാതൊന്നുമില്ല പക്ഷെ ഹിരണ്യകശുപുവിനെ പോലെ ബലവാനായ ഒരു അസുരന്റെ ഒരു ബലവും ഈ കുട്ടിയുടെ മേലെ പ്രയോഗിച്ചിട്ട് യാതൊരു വിധത്തിലും കാരണം എന്താ യജ്ഞം സദാ യജ്ഞത്തിലാണ് നിൽക്കുന്നത് ആ കുട്ടി എന്നുവെച്ചാലോ ഞാൻ താനില്ലാതിരിക്കുകയാണ് താനില്ലാതെ ഇരുന്നാൽ താനില്ലാതിരുന്നാൽ നടക്കേണ്ടതൊക്കെ താനേ നടക്കും അത് നടക്കോ നടക്കോ എന്ന് ചോദിക്കാൻ പാടില്ലേ ഇരുന്ന് നോക്കണം മുരുകനാർ സ്വാമിയുടെ ഒരു പാട്ടുണ്ട് മുഴുവൻ പാട്ട് ഓർമ്മയില്ലേ അത് രണ്ടു മൂന്ന് ലൈൻ റിപ്പീറ്റഡ് ആയിട്ട് വരും ഇരുന്ത പടിയേ ഇരു എന്തൈ രമണ നായകനെ ും വഴിക്കേണ്ടാൻ ഓരോ പാട്ടിനും ലൈൻ ഇങ്ങനെ ഈ സഹജഭാവത്തിനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇരുന്തപടിയേ ഇരുടെ ഗുരുവിനോട് പോയി ചോദിക്കുകയാണ് ശേഷം ഞാൻ എങ്ങനെ ഇരിക്കണം ചോദിച്ചാൽ നീ ഇരുന്തപടിയേ ഇരു എന്നാണ് എങ്ങനെ ഇരിക്കണോ അങ്ങനെയ്ക്കൂ ഞാൻ എങ്ങനെ പ്രവർത്തിക്കണം ജീവിതത്തിൽ എങ്ങനെ ചലിക്കണം വഴിക്ക് ആണ് എങ്ങനെ എങ്ങനെ ആ പ്രകൃതി ശക്തി എന്നെ നിയന്ത്രിക്കണോ ആ വഴിക്ക് പോയിക്കൊണ്ടേയിരിക്കൂ എല്ലാത്തിന്റെ എസെൻസ് എന്താ സ്വാർത്ഥത ഇല്ലാതിരിക്കൂന്നാണ് ഞാൻ ഉദിക്കാതെ നാൻ ഉദിയാതുള്ള നില അങ്ങനെ ഇരുന്നാൽ സത്യാസ്ഥിതി ന അഹമുദിയത്ര തോദയസ്ഥാന ഗവേഷണേന വിനാ നശ്യേത് എതി തന്നെ നശ്യേത് സ്വാത്മൈക്യൂപാ കഥമസ്തു നിഷ്ഠ ഞാൻ എന്നുള്ളത് ഉദിക്കാത്ത ആ സ്ഥിതി തന്നെ സ്വാത്മൈക്യ രൂപമായ നിഷ്ഠ ആ നിഷ്ഠ തന്നെ യജ്ഞം അങ്ങനെ യജ്ഞം ചെയ്യുകയാണെങ്കിൽ ആ യജ്ഞം നമുക്ക് എല്ലാ തന്നുകൊണ്ടിരിക്കും കാമനകൾ എന്ന് വെച്ചാൽ നമുക്കായിട്ട് കാമന ഉണ്ടാവില്ലേ എസെൻഷ്യൽസ് എന്താണോ വേണ്ടത് അതൊക്കെ നടക്കും സകല സിദ്ധികളും അയാളുടെ മുമ്പിൽ യോഗമൊന്നും പരിശീലിക്കേണ്ട പ്രാണായാമൊന്നും ചെയ്യണ്ട മഴ പെയ്യാൻ പറഞ്ഞാൽ മഴ പെയ്യും ഇപ്പൊ ഇന്നത് വേണമെന്ന് പറഞ്ഞാൽ അത് വന്നേ വക്കൂ അങ്കം ഹരേ ഹെ പുളകഭൂഷണമാശ്രയ തീന്ന് വിളിച്ചാൽ മേലേന്ന് പണം കൊട്ടും വിവേകാനന്ദ സ്വാമികൾ അദ്ദേഹത്തിന്റെ ഷിക്കാഗോ പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഐ പ്ലാൻ ടു വർക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ടോക്കിൽ അദ്ദേഹം പറയുന്നു ഭാരതത്തിൽ ഇന്നത് ചെയ്യണം മഠം സ്ഥാപിക്കണം എന്തൊക്കെയോ പറയണ്ടേ അപ്പൊ ആരോ ചോദിക്കുകയാണ് പണം ഇതിനൊക്കെ പണം എവിടെയാണ് ചോദിക്കും മണി ഡോണ്ട് ടോക്ക് അബൌട്ട് ഇറ്റ് ഇറ്റ് വിൽ പോർ ഡൌൺ ഫ്രം ഹെവൻസ് If ഇഫ് ഐ വോണ്ട് എനിക്ക് വേണമെങ്കിൽ അത് ആകാശം പടർന്നു ചോട്ടൽ വീഴും എന്നാണ് എന്താന്ന് വെച്ചാൽ തന്റെ ആഗ്രഹം ഒന്നുമില്ല അതിലേ സ്വാർത്ഥതയുണ്ടെങ്കിൽ ആർക്കെങ്ങനെ പറയാൻ കഴിയും സ്വാർത്ഥതയുണ്ടെങ്കിൽ എപ്പോഴും പേടിയാണ് അല്ലെ ഇന്നത്തെ ശമ്പളം മാസം കിട്ടുമോ എന്തോ എപ്പോഴും ടെൻഷനാണ് എത്ര ദിവസം കിട്ടുമോ അപ്പൊ യജ്ഞഭാവത്തിൽ ഇരിക്കുന്നവൻ എപ്പോഴും ചക്രവർത്തിയാണ് അവന് ഇഷ്ടകാമതു അവന്റെ സകല കാമനകളും എന്തൊക്കെ നടക്കണോ അതൊക്കെ നടന്നേ വെക്കൂ തിരുവണ്ണാമലയിൽ ഗുരുനമശിവായർ സ്വാമികൾ ഗുഹൈനമശിവായർ എന്ന് പറഞ്ഞൊരു യോഗി ഉണ്ടായിരുന്നു തെലുങ്ക് ചേർന്ന ആള് അദ്ദേഹം തിരുവണ്ണാമലയ്ക്ക് ഭാരതയാത്ര എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതയാത്ര എന്ന് വെച്ചാൽ ഒരു അവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ഒരു പ്രത്യേക രീതിയിൽ തീർത്ഥക്ഷേത്രങ്ങളൊക്കെ നടന്ന് നടന്ന് നടന്ന് കണ്ട് അതിൽ ഇന്ന തീർത്ഥക്ഷേത്രങ്ങളിലേക്ക് പോകണം എന്നുണ്ട് അങ്ങനെ തീർത്ഥക്ഷേത്രങ്ങളൊക്കെ നടന്ന് ഹിമാലയം വേറെ പോയി ചുറ്റി അതേപോലെ തിരിച്ച് അവരവർ എവിടെ നിന്ന് ആ സ്ഥലത്ത് തന്നെ വരുന്ന ഭാരതയാത്ര ആ ഭാരതയാത്രയ്ക്കായി പുറപ്പെട്ട ഒരു യോഗിയാണ് ഗുഹനമശിവായ സ്വാമികൾ അദ്ദേഹത്തിന് വേറെ എന്തോ ഒരു പേര് പിൽക്കാലത്താണോ ഗുഹൈ നമശിവായെന്ന് വിളിച്ചത് ഗുഹൈ നമശിവായ സ്വാമികൾ അരുണാചലത്തിലേക്ക് വന്നു അരുണാചലവും ഈ തീർത്ഥയാത്രയിൽപ്പെട്ട സ്ഥലമാണ് അരുണാചലത്തിൽ വന്നതോടുകൂടെ അദ്ദേഹത്തിന്റെ ഈ ഭാരതയാത്രയൊക്കെ അവസാനിച്ചു അനങ്ങാൻ പറ്റാതായി എവിടുന്നു വേറെ ഒരിടത്തും പോവാൻ ഉള്ള ഇച്ഛയില്ലാതായിത്തീർന്നു അദ്ദേഹം ആന്ധ്രക്കാരനാണ് അമ്പലത്തിനുള്ളു കടക്കാനും അരുണാചലേശ്വരൻ സമ്മതിച്ചില്ല തമിഴില് വെൺപാ പാടിനാത്ത ഉള്ള വിടുവേണ്ടാറ അണ്ണാമല ഇവർക്ക് തമിഴേ താവം അങ്ങനെ വെൺപാ പാടിനാ പാടിനാർ അവർ ഒരു കീർത്തനം പാടി അരുണാചലേശ്വരത്തില് അരുണാചലേശ്വര ക്ഷേത്രത്തിൽ അദ്ദേഹം കുറച്ച് ദിവസം ഉണ്ടായി മലയുടെ മോളിൽ ഒരു ഗുഹയില് താമസിച്ചു അദ്ദേഹത്തിന് അധികം ആർക്കും അറിയില്ലായിരുന്നു ഒരു ദിവസം ഒരാട്ടിടയൻ ഒരിടത്ത് കരഞ്ഞിരിക്കുന്നത് അദ്ദേഹം കണ്ടു എന്തായി എന്തിനാ കരയണതെന്ന് ചോദിച്ചു ആ കുട്ടിയുടെ ആ കുട്ടി പറഞ്ഞു സ്വാമി എനിക്ക് ഒരേ ഒരു ആട് ആട് പ്രസവിക്കേണ്ട സമയത്ത് ചത്തുപോയി മരിച്ചുപോയി അതാണ് കരയണത് കുഴപ്പമില്ല ആടിനെ ഇവിടെ വിട്ടിട്ട് പോ അടുത്ത ദിവസം വന്നു നോക്കാൻ പറഞ്ഞു അടുത്ത ദിവസം വരുമ്പോ ആടുകു പ്രസവിച്ച് ആട്ടുകുട്ടിയും ആടുമായിട്ട് അവട്ടിക്കൊണ്ടു പോവാൻ പറഞ്ഞു അത്രേ അതാണ് കഥ ഈ കാര്യം നാട്ടിലൊക്കെ അറിഞ്ഞതോടുകൂടെ ഇദ്ദേഹത്തിന്റെ വൈഭവം നാട്ടിലൊക്കെ പാട്ടായി കൊറേ റൌഡി ചെ ചെറുപ്പക്കാര് എന്ത് ചെയ്തു സ്വാമികളെ പരീക്ഷിക്കണം എന്ന് പറഞ്ഞ് തുണി കുറച്ച് പേര് അന്ന് വരെ മുഴുവൻ തുണി നെയ്ത്തായിരുന്നു വലിയ വ്യവസായം ഒരു ചെറുപ്പക്കാരനെ ശവം പോലെ കിടത്തിയിട്ട് സ്വാമികളുടെ അടുത്ത് കൊണ്ടുപോയി അനങ്ങാതെ കിടത്തിയിട്ട് കൊണ്ടുപോയി സ്വാമികളുടെ അടുത്ത് പറഞ്ഞു സ്വാമി ഞങ്ങളുടെ കൂട്ടുകാരനാണ് മരിച്ചുപോയി ഭാര്യയെ പോലെ വേഷം കെട്ടി ഒരു സ്ത്രീയെ പോലെ വേഷം കെട്ടി ഒരാൾ പോയി കരഞ്ഞു അത്ര ഭർത്താവാണ് മരിച്ചുപോയി സ്വാമികൾ രക്ഷിക്കണം സ്വാമി പറഞ്ഞു അത്ര എറന്തത് എറന്തത് മരിച്ചതിനെ കൊണ്ടുവരാൻ പറ്റില്ല നോക്കുമ്പോ ആള് പോയി ഇങ്ങനെയൊക്കെ ഗുഹൈ നമശിവായ കഥകളുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനാണ് ഈ ഗുരുനമശിവായ ശിഷ്യന്റെ പേരാണ് ഗുരു അദ്ദേഹം ചിദംബരത്തില് അദ്ദേഹം അദ്ദേഹത്തിന് പല സിദ്ധികളും പിൽക്കാലത്ത് ഏർപ്പെട്ടപ്പോ ഗുഹൈ സ്വാമികൾ പറഞ്ഞു ഒരു കുറ്റിയില് രണ്ടാനയെ കെട്ടാൻ പാടില്ല അതുകൊണ്ട് അരുണാചലത്തിൽ നിന്ന് ചിദംബരത്തിലേക്ക് പോവാൻ പറഞ്ഞു അപ്പൊ ചിദംബരത്തിലേക്ക് പോകുമ്പോ പോകുന്ന വഴിയിൽ ഇദ്ദേഹത്തിന് നല്ല വിശപ്പ് സഹിക്കവയ്യാതെ വിശപ്പ് അപ്പൊ ചിദംബരത്തില് ദേവിയെ വിളിച്ച് പറയാണ് എന്നെ ഇവിടുന്ന് അരുണാചലത്തിന് അങ്ങോട്ട് വലിച്ചല്ലോ എനിക്ക് ഇപ്പൊ ചാപ്പാട് കൊണ്ടുപോകുന്നതാണ് ഇപ്പൊ ചാപ്പാട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഞാൻ അവിടുന്ന് സ്വർണപാത്രത്തിൽ അവിടെ നേദ്യത്തിന് വെച്ചത് കാണാനില്ല ചിദംബരത്തില് സ്വർണപാത്രത്തിൽ കൊണ്ടുവന്ന് സ്വാമികൾക്ക് ശാപ്പാട് കൊടുത്തു എന്നൊരു കഥയാണ് സ്വർണപാത്രത്തിൽ കൊണ്ടുവന്ന് ചാപ്പാട് അദ്ദേഹം ചാപ്പാട് കഴിച്ചാൽ സ്വർണ്ണപാത്രം അവിടെ ഇട്ടിട്ട് പോയി ആഗ്രഹമില്ലാത്തവന് ഭഗവാനെ സേവ ചെയ്യാനായിട്ട് മുമ്പിൽ വന്ന് നിൽക്കും ഏതെങ്കിലും വിധത്തിലും ഇപ്പൊ ഈ പുരാണ കഥകൾ ഈ കഥകളിൽ നടന്നതൊക്കെ ഒരു പക്ഷെ കഥ നടന്നപ്പോ ഈ രൂപത്തിലൊന്നും ഉണ്ടാവില്ല നമ്മളിപ്പോ കഥ പറയുമ്പോ എങ്ങനെ ഉണ്ടാവണം കഥ നടന്ന സമയത്ത് ചിലപ്പോ എങ്ങനെ ഉണ്ടാവും ഏതോ ഒരു സ്ത്രീ വന്നിട്ടുണ്ടാവും ഒരു പാത്രത്തിൽ ആഹാരം കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടാവും നമ്മളിപ്പോ കഥ പറയുമ്പോ സാക്ഷാത് അംബികയെ ചാപ്പാട് കൊണ്ടുവന്ന് കൊടുത്തു എന്ന് കഥ പറയണം നടന്ന ഇൻസിഡൻസ് നടക്കുമ്പോ ആശ്ചര്യമായിട്ടൊന്നും നമുക്ക് തോന്നുകേയില്ല നമ്മള് വളരെ എക്സൈറ്റ്മെന്റോട് കൂടെ കഥ പറയണു പക്ഷെ ദിവ്യമായ പല കാര്യങ്ങളും നടക്കുമ്പോ അതിലൊരു എക്സൈറ്റ്മെന്റും ഉണ്ടാവില്ല വളരെ സാധാരണമായിട്ട് നടക്കും പിന്നീട് ആലോചിച്ചു നോക്കുമ്പോഴാണ് അതിലുള്ള ആ കാണുക മിസ്ട്രി കാണുക ആശ്ചര്യം നടക്കുമ്പോ പോലെ ആശ്ചര്യമാണെന്നുള്ള അറിവ് നമുക്ക് കിട്ടില്ല നമ്മളുടെ ചുറ്റും ആശ്ചര്യം നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ടേ നമ്മൾ ആ ആശ്ചര്യത്തിനെ കാണാനുള്ള ബലം നമുക്കില്ല പവർ നമുക്കില്ല നടന്നുകൊണ്ടേയിരിക്കണു ചുറ്റും അതാണ് സ്വാമി രാമതീർത്ഥൻ പ്രഭാഷണം ചെയ്യുമ്പോ ഈശ്വരനെ കുറിച്ച് ചിലപ്പോൾ മിസ്റ്റർ എന്ന് പറയും ഹീന്ന് പറയും ചിലപ്പോൾ ഹിസ് എന്ന് പറയും ചിലപ്പോ ഷീന്ന് പറയും ചിലപ്പോൾ ഹേർന്ന് പറയും ചിലപ്പോൾ ഇറ്റ് എന്ന് പറയും അപ്പൊ ഹി ഷി ഇറ്റ് മാറി മാറി വരും രാമതീർത്ഥ സ്വാമികളോട് ഒരു പ്രൊഫസർ ചോദിച്ചു കളിയാക്കിക്കൊണ്ട് ചോദിച്ചു സ്വാമി നിങ്ങളുടെ ദൈവം ഹീ ആണോ ഷീ ആണോ ഇറ്റ് ആണോ പ്ലീസ് ടെല്ലർ ഹിസ് മിസ്റ്റർ മിസ്സിസ് ഓർ മിസ് he? ഈസ് ഹി ഹീസ് നെയ്ദർ മിസ്റ്റർ മിസ് ഹിസ് എ മിസ്റ്ററി ആശ്ചര്യമാണ് ഭഗവാൻ ആശ്ചര്യമയനാണ് ഭഗവാൻ പക്ഷെ ആശ്ചര്യം എങ്ങനെ ആഗ്രഹമില്ലെങ്കിൽ ആശ്ചര്യം നടന്നുകൊണ്ടേയിരിക്കും ആഗ്രഹം ഉള്ളത്തോളം കാലം ഒരാശ്ചര്യവും നടക്കില്ല ഭിക്ഷകാരന്റെ മുമ്പിൽ ഒന്നും നടക്കില്ല ഭിക്ഷകാരൻ എന്നുവെച്ചാൽ ബാഹ്യഭിക്ഷക്കാരനല്ല ആന്തരിക ഭിക്ഷക്കാരൻ ആന്തരികമായി ആഗ്രഹം വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് സ്പിരിച്വൽ ലൈഫിന്റെ മിസ്റ്ററിയേ ഇല്ല അധ്യാത്മ ജീവിതത്തിന്റെ ഒരു അത്ഭുതമേ കാണാനൊക്കില്ല അകമേക്ക് ആഗ്രഹം പോയാൽ ചുറ്റും കാണാൻ നമുക്ക് അത്ഭുതങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നത് എന്തും നടക്കണം നടന്നേ വെക്കൂ ആഗ്രഹമില്ലാത്തവൻ ഈശ്വരനാണ് അവൻ കൽപ്പിച്ചാൽ പ്രകൃതി നിൽക്കുന്ന ചലിക്കണം ചലിച്ചേ വെക്കൂ അതെങ്ങനെയാണെങ്കിൽ നടന്നേ വെക്കൂ നടക്കും അപ്പൊ യജ്ഞം യജ്ഞം എന്ന് വെച്ചാൽ എന്താ താനില്ലാത്ത സ്ഥിതി താനില്ലാത്ത സ്ഥിതിയിൽ ഇരിക്കുന്നവന് അവന് എന്ത് ഇഷ്ടകാമന ഉണ്ടെങ്കിലും അതൊക്കെ നടക്കും നടത്തിക്കൊടുക്കും യജ്ഞം ഇഷ്ടകാമദുഖ് അപ്പൊ സദാ യജ്ഞം ചെയ്തുകൊണ്ടിരിക്കണം യജ്ഞത്തിന് എങ്ങനെ ചെയ്യണം നമുക്ക് ദേവയജ്ഞം പിതൃയജ്ഞം മനുഷ്യയജ്ഞം ഋഷികളോടുള്ള യജ്ഞം സഹ സഹപ്രാണികളോടുള്ള യജ്ഞം ഇങ്ങനെയൊക്കെ യജ്ഞം പല വിധത്തിലുണ്ട് പ്രത്യേകിച്ച് ഗൃഹസ്ഥൻ യജ്ഞം ചെയ്തുകൊണ്ടേ ജീവിക്കണം ആഹാരം പാചകം ചെയ്തു കഴിഞ്ഞാൽ ദേവപൂജയ്ക്കായി മാറ്റിവെക്കുക കാക്ക പൂച്ച നായ പശു അണ്ണാൻ പാമ്പടക്കം അതുകൊണ്ടാണ് പഴയ കാലത്ത് ഈ പാമ്പുകാവൊക്കെ ഉണ്ടായിരുന്നത് വീട്ടിലും ഈ സകല പ്രാണികൾക്കും ഒരു ഗൃഹസ്ഥൻ ഭക്ഷണം കൊടുക്കണം എന്നാണ് ഭാഗവതത്തിൽ സപ്തമസ്കന്ധത്തിൽ നാരദൻ ധർമ്മപുത്ര ഉപദേശിക്കുമ്പോ പറയുന്നുണ്ടതൊക്കെ ഭക്ഷണം കൊടുക്കണം എന്ന് മാത്രമല്ല പറയണത് ആത്മനഹ പുത്രപത് പശ്യേത് എന്നാണ് തന്റെ കുട്ടികളെ പോലെ കാണണം അത്ര ഈ പ്രാണികളെയൊക്കെ കുട്ടികളെ പോലെ കാണണം എന്ന് വെച്ചാലോ അവരോട് ഹിതം ചിന്തിച്ചു കൊടുക്കണം അല്ലാതെ അതിനെ എടുത്ത് ആലിംഗനം ചെയ്യോ ചുംബിക്കലോ അല്ല അർത്ഥം സകല പ്രാണികളോടും നമുക്ക് കടപ്പാടുണ്ട് സകല പ്രാണികളും ഒന്നും ഒരു സെപ്പറേറ്റ് കമ്പാർട്ട്മെന്റിൽ ഇല്ല പ്രകൃതിയിൽ എല്ലാം തമ്മിൽ തമ്മിൽ തമ്മിൽ ഒരു ഒന്നും അകാരണവശാൽ നമ്മളോട് ബന്ധപ്പെടുന്നില്ല സകല പ്രാണികൾക്കും ഈ കോലമിടുന്നതിന് പോലും പറയും ഉറുമ്പുകൾക്ക് ആഹാരം അരിശിക്കോലം പോട അതിനുള്ള അരിശി കോലം പോടേ സ്റ്റിക്കറെല്ലാം വാങ്ങി ഒട്ടിക്കപ്പെടാതെ എല്ലാം ഈ പ്രാണി ഇതൊക്കെ യജ്ഞത്തിന്റെ ഭാഗമാണ് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ പരോപകാരാർത്ഥം ഇതം ശരീരം എന്നുള്ള ഭാവം സകല പ്രാണികൾക്കും ഒരു പ്രയോജനപ്പെടുന്ന രീതിയിൽ ഈ ശരീരം ഇരിക്കുകയാണെങ്കിൽ ശരീരത്തിൽ ഓരോ നാടിയും നരമ്പും ശുദ്ധമാവും ചിത്തം ശുദ്ധമാവും ബുദ്ധി ശുദ്ധമാവും കൊടുത്താൽ എനിക്ക് ആര് തരുന്ന് വിചാരിക്കാതെ കൊടുത്തുകൊണ്ടേയിരുന്നാൽ വർഷിച്ചുകൊണ്ടിരിക്കും എവിടുന്ന് വർഷിക്കണമെന്ന് നോക്കാൻ പാടില്ല നോക്കാൻ പോയാൽ അതിലുള്ള അത്ഭുതം പോയിപ്പോകും നോക്കാനേ പാടില്ല എവിടുന്നോ വന്നുകൊണ്ടിരിക്കും എവിടെ നിന്ന് അറിയില്ല നമുക്ക് അതിന്റെ സോഴ്സ് അറിയില്ല ഭക്ഷണം കൊടുക്കാൻ ആരംഭിച്ചാൽ ചിലപ്പോൾ പത്ത് പേർക്ക് പാചകം ചെയ്താൽ മുപ്പത് പേർ ഊണ് കഴിക്കും നോക്കാൻ പാടില്ല എങ്ങനെ വന്നു നോക്കാൻ പാടില്ല നമ്മൾ കണക്ക് പത്ത് പേർക്ക് വെച്ചിട്ടുണ്ടാവും കൊടുക്കാൻ ഹൃദയം ഉണ്ടെങ്കിൽ മുപ്പത് പേര് സുഖമായിട്ട് ഊണ് കഴിക്കും എവിടുന്നു അന്നം വന്നു ചോദിക്കാൻ പാടില്ല ദ്രൗപദിയുടെ വസ്ത്രം വളർന്നത് അത് നമുക്ക് കാണാം ഈ ദ സറെഡർ ഇസ് ദർ ഇറ്റ് വിൽ ഹാപ്പൺ ടു യു പ്രകൃതിയിൽ എല്ലാ സിദ്ധികളും ഉണ്ട് പ്രകൃതി കോൺക്രീറ്റ് ആയ വസ്തുവല്ല നിങ്ങളുടെ സയൻസിന് വഴങ്ങുന്നതല്ല പ്രകൃതി ഇറ്റ് ഈസ് നോട്ട് റാഷണൽ ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇറാഷണൽ തിങ് ഇല്ലോജിക്കൽ തിങ് ബട്ട് ഇഫ് യു ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് റാഷണൽ ഇറ്റ് യു വിൽ ഷോ ആസ് ഈഫ് ഇറ്റ് ഈസ് റാഷണൽ സോ ദുൽ ഗെറ്റ് trapped മഹാത്മാക്കൾ സാധുക്കൾക്കൊക്കെ നടന്നിട്ടുണ്ടല്ലോ എങ്ങനെ നടന്നു ഒന്നും കഥയല്ല എന്തും നടക്കും കാരണം പ്രകൃതി എന്ന് പറയണത് വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരി അത് കോൺക്രീറ്റ് ആണെന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ആയിട്ട് ഇരിക്കും അബ്സ്ട്രാക്ട് ആണെന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്ട് ആയിട്ട് നിങ്ങളാണതേ നിങ്ങളുടെ ഉള്ളിലുള്ളതാണോ പുറത്ത് കാണുന്നതേ അകമയ്ക്ക് എന്തും സാധിക്കും എന്ന് വെച്ചാൽ എന്തും സാധിക്കും ത്യാഗം ചെയ്യാൻ തയ്യാറാണെങ്കിൽ ब्रह्मस्वरूप यागेन के अमृतत्मानशु यागमान अमृतानुभव अब यज्ञ स्वरूपम ते भगवत्स्वरूप जीवें यज्ञमय ऋषिक् नमुक सनातन धर्म वह ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന യജ്ഞമൊക്കെ തന്നെ പ്രകൃതിയെ രക്ഷിക്കുന്ന ഓരോ എലമെന്റിലും പോയി ചേരുന്നു ആ എലമെന്റ്സ് ഒക്കെ തന്നെ ദേവതകളാണ് സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഇതൊക്കെ തന്നെ ദേവതകളാണ് ദേവതകളാണെന്ന് വെച്ചാൽ ശംഖചക്രകഥയായിട്ടോ അല്ലെങ്കിൽ കിരീടത്തോടു അവരൊന്നും കാണുന്നില്ലല്ലോ എന്ന് വെച്ചാൽ അങ്ങനെയൊന്നും കാണില്ല അവരൊക്കെ ദേവതകളാണ് നിങ്ങൾക്കും എനിക്കും ഒക്കെ എങ്ങനെ അന്തര്യാമിയുണ്ടോ അതേപോലെ അവർക്കൊക്കെ അന്തര്യാമിയമുണ്ട് അതുകൊണ്ടാണ് വേദമന്ത്രങ്ങളൊക്കെ ഓരോ ദേവതകളെ ഉദ്ദേശിച്ച് സ്തുതിച്ചിരിക്കുന്നതൊന്നും വെറുതെ പാടിയ പാട്ടുകളല്ല അതൊന്നും യുക്തി വിചാരം ചെയ്താലൊന്നും പിടികിട്ടില്ല ഇതൊക്കെ ദേവതകളാണ് പ്രകൃതിയിലുള്ള ഓരോന്നും ദേവതകളാണ് ആ ദേവതകളൊക്കെ എങ്ങനെ പുഷ്ടിപ്പെടുന്നു നമ്മൾ സാധാരണ പറയും യാഗയജ്ഞമൊക്കെ ചെയ്താൽ പുഷ്ടിപ്പെടും യാഗയജ്ഞം സ്ഥൂലമായിട്ടല്ല പുഷ്ടിപ്പെടുത്തുന്നത് നമ്മളതിന് സയന്റിഫിക്കായിട്ടൊന്നും തേടിയിട്ടൊന്നും കാര്യമില്ല ദ മൊമെന്റ് യു എക്സ്റ്റിംഗ്വിഷ് യുവർ ഈഗോ ദിനേറ്റഡ് അഹമേക്ക് അഹങ്കാരം അടങ്ങുന്ന ഓരോ യജ്ഞത്തിലും ദേവതകളൊക്കെ പ്രസന്നമാവും നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിലും അവർ ഭുജിക്കുന്നത് അഹങ്കാരഹിതമാവുമ്പോൾ നമ്മളിൽ നിന്നും ഒഴുകുന്ന ചൈതന്യ പ്രസരത്തിനെയാണ് ദേവതകൾക്ക് ഭുജിക്കുന്നത് അതാണ് നമ്മൾ ദേവതകൾക്ക് കൊടുക്കേണ്ട യജ്ഞ ഹവിസ് ത്യാഗമാണ് ദേവതകൾക്ക് കൊടുക്കേണ്ട യജ്ഞ ഹവിസ് അങ്ങനെ കൊടുക്കുമ്പോ ദേവതകൾ തരുന്നതൊക്കെ അമൃതമായിരിക്കും നമുക്ക് പ്രകൃതിയിൽ ഓരോന്നും അമൃതമായിരിക്കും ത്യാഗമാവുന്ന മനസ്സിന് ത്യാഗം ചെയ്യുന്ന മനസ്സിന് സൂര്യൻ ഉദിക്കുന്നത് കാണുന്നത് സമാധിയാണ് ചന്ദ്രൻ ഉദിക്കുന്നത് കാണുന്നത് സമാധിയാണ് വായു വീശുന്നത് കാണുന്നത് സമാധിയാണ് നദി ഒഴുകുന്നത് കാണുന്നത് സമാധിയാണ് വൃക്ഷം പൂത്ത് പുഷ്പിച്ച് ഫലിച്ചു നിൽക്കുന്നത് കാണുന്നത് സമാധിയാണ് ഒരു കൊച്ചു കുട്ടി ജനിക്കുന്നത് കാണുന്നത് സമാധിയാണ് കുട്ടി ഉറങ്ങി എണീക്കുന്നത് സമാധി ഉറങ്ങുന്നത് സമാധി സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ബന്ധമടക്കം സമാധി ഒരു പക്ഷി പക്ഷികൾ മിഥുനം ഇരിക്കുന്നത് കണ്ട് സമാധിയാണ് ഇതെങ്ങനെ സാധിച്ചു തന്റെ ഉള്ളിൽ പേഴ്സണാലിറ്റി ഇല്ലെങ്കിൽ പ്രകൃതി മുഴുവൻ അയാൾക്ക് ബ്രഹ്മസ്വരൂപമാണ് എത്രയെത്ര മനോയാതി തത്രത്തത്ര സമാധയന്നാണ് മനസ്സ് എവിടെയൊക്കെ ഏതൊക്കെ വസ്തുവിൽ പോയി വീഴുന്നു അവിടെയൊക്കെ അതിന് സമാധിയാണ് അനുഭവം വിഷയാനുഭവമേ ഇല്ല ആ ത്യാഗമകമേക്കുണ്ടെങ്കിൽ നമ്മളുടെ ഡെയിലി ലൈഫ് ഇറ്റ് വിൽ ബിക്കം സ്പിരിച്വൽ ലൈഫ് സഹജസ്ഥിതി പ്രകൃതിയിൽ കാണപ്പെടുന്നതൊക്കെ ഭഗവത് അനുഭവമായിട്ട് തീരും വിഭൂതി ദർശനമായിട്ട് തീരും വിഭൂതി ദർശനത്തിന്റെ സീക്രട്ട് തന്നെ ഈ അഹങ്കാരഹിതമായ യജ്ഞസ്ഥിതിയ ഇങ്ങനെ നിരന്തരം യജ്ഞം ചെയ്യൂ യജ്ഞം ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ സ്വാർത്ഥത്തിനെ വിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം മാതൃദേവോ ഭവ പിതൃദേവോ ഭവാര്യദേവോ ഭവ ൂച്ചാചാര്യോ അസിനുശാസ്തി എന്ന് തുടങ്ങിയിട്ട് ആരൊക്കെ അടുത്തുണ്ടോ അവിടുന്ന് യജ്ഞം തുടങ്ങാം ആരൊക്കെ അടുത്തുണ്ട് അമ്മ അടുത്തുണ്ട് അച്ഛൻ അടുത്തുണ്ട് ആചാര്യൻ ഉണ്ട് അതിഥി ആരോ വിളിക്കാതെ വരുന്നു അതിഥി എന്ന് പറഞ്ഞാൽ തന്നെ പറഞ്ഞിട്ട് വരാൻ പാടില്ലയോ എന്ന് ചോദിച്ചാൽ അതിഥിയല്ലാതെ പറയാതെ ആ ഒരു വീട്ടിലേക്ക് വരുന്നു അവനാണ് അതിഥി തിഥി പറയാതെ വരുന്നവൻ അതിഥി ഞാൻ ഇന്ന ഡേറ്റിൽ വരുന്നു പറഞ്ഞ അതിഥി ആവില്ല ഡേറ്റ് പറയാതെ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു നമ്മൾക്ക് വെച്ചിരിക്കുന്നത് എടുത്ത് കൊടുത്താൽ യജ്ഞ അതിഥി യജ്ഞമായി അമ്മയുണ്ട് അച്ഛനുണ്ട് ബന്ധുക്കളുണ്ട് ആരും ഒക്കെ എവിടെയൊക്കെ ചാൻസ് കിട്ടണോ ഒരു ചാൻസും വേസ്റ്റ് ആക്കാൻ പാടില്ല ചാൻസ് എന്തിനാ പൂജ ആരാധന ആരാധനക്ക് ആരാധന എങ്ങനെ രാവിലെ എണീറ്റിട്ട് അമ്മക്ക് പാവം നല്ല തണുപ്പ് നേരത്തെ എണീറ്റ് അമ്മയ്ക്ക് ഒരു അഭിഷേകം തലയില് പച്ചവെള്ളം ഒഴിച്ച് ഇത്തിരി പൂവെടുത്ത് അർച്ചിച്ച് ദീപാരാധന കാണിച്ചാ അമ്മയ്ക്ക് പൂജയാവുമോ പാവം അമ്മമാരുടെ കാര്യം പിന്നെ കഷ്ടമാകും അമ്മയെ പൂജ ചെയ്യണം അച്ഛനെ പൂജ ചെയ്യണം എന്ന് പറഞ്ഞ് വയസ്സുകാലത്ത് അച്ഛനെയോ അമ്മയോ ഒക്കെ രാവിലെ നല്ല ഇളനീരും ഉണ്ട് അഭിഷേകം ചെയ്താൽ അതല്ല പൂജ പിന്നെ എന്താ തുഷ്യത്തി അതാണ് പൂജയുടെ സീക്രട്ട് എന്ത് ചെയ്താൽ ആ ജീവൻ സന്തോഷപ്പെടുമോ എന്ത് ചെയ്താൽ ആ ജീവൻ ഒരു നിർവൃത്തി ഉണ്ടാവുമോ അത് പൂജ ഇതൊക്കെ കപില ഭഗവാൻ ഭാഗവതത്തിൽ പറയണ മാർഗം ആ നിർവൃത്തി ഉണ്ടാവുന്നത് തന്നെ നമുക്ക് പ്രസന്നതയാണ് നമുക്ക് വേറെ ഒന്നും വേണ്ട അവര് നമ്മളെ പുകഴ്ത്തോ ഒന്നും വേണ്ട എന്തോ ചെയ്യുന്നത് കൊണ്ട് എന്തോ ഒരു റിലീഫ് ഉണ്ടാവുണ്ടല്ലോ ആ ജീവനിൽ അത് തന്നെ ആരാധന പൂജ അവർക്ക് ഏതോ വിധത്തിൽ നമുക്ക് ഒന്ന് ചെയ്യാൻ കഴിഞ്ഞാൽ അവരല്ല ബെനിഫിറ്റഡ് ആവുന്നത് നമ്മളാണ് ചെയ്യുന്ന ആള് എന്നാൽ ഞാൻ ബെനിഫിറ്റഡ് ആവണമെന്നുള്ള ഭാവം നമ്മളുടെ ഉള്ളിൽ വരാനും പാടില്ല ഇത് നോക്കണം തപസ് ഈ ജപം ഒന്നുമല്ല ഗീത പഠിക്കലോ ഭാഗവതം പഠിക്കലോ ഒന്നുമല്ല അതൊക്കെ ടേപ്പ് റെക്കോർഡറും പഠിക്കും അല്ലേ നമ്മളെക്കാളും ഭംഗിയായിട്ട് ഇപ്പൊ ചൊല്ലിയാൽ അത് റെക്കോർഡ് ചെയ്ത് കാസറ്റ് ഇട്ടാൽ പറയും എന്ത് കാര്യം ദൈനംദിന ജീവിതം യജ്ഞമായാൽ യജ്ഞം തപസായി തപസായാൽ ഭഗവാൻ നമ്മുടെ പുറകെ നടക്കും അപ്പൊ ഓരോ സ്റ്റെപ്പിലും അതാണ് ശ്രാദ്ധം ശ്രാദ്ധം മരിച്ചുപോയിട്ട് ചെയ്യണത് മാത്രമല്ല മരിച്ചു പോയിട്ട് ഇപ്പൊ എല്ലാരും ചെയ്യുന്നുണ്ട് ജീവിച്ചിരിക്കുമ്പോ പലപ്പോഴും ചെയ്യില്ല മരിച്ചുപോയിട്ട് എന്താന്ന് വെച്ച മരിച്ചു കഴിഞ്ഞ ആളുകളെ എല്ലാവർക്കും പേടിയാണ് പിന്നെ അവരെന്ത് ചെയ്യുന്നു എന്ത് നടന്നാലും അവരാണോ ചെയ്തതെന്ന് നമുക്ക് സംശയം വരെ തോന്നും അത് വേറെ എന്തെങ്കിലും കാരണം നടന്നാലും അവരാണോ ചെയ്തതെന്ന് സംശയം തോന്നും ജീവിച്ചിരിക്കുമ്പോ യു ആ ഹാവ് എ പ്രഷ്യസ് ചാൻസ് ഫോർ സ്പിരിച്വൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് വലിയൊരു അവസരമാണ് അച്ഛനും അമ്മയും മാത്രമല്ല ആരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നു അവരൊക്കെ ബന്ധപ്പെടുന്നവരൊക്കെ തന്നെ എങ്ങനെയൊക്കെ ബന്ധപ്പെടുന്നു അവരൊക്കെ തന്നെ അപ്പൊ നമുക്ക് ആദ്യം അടുത്തുള്ളവരെ അതുകൊണ്ടാണ് വേദം മാതൃദേവോഭവ പിതൃദേവോഭവ ഏറ്റവും അടുത്തിരിക്കുന്നത് അവര് രണ്ടുപേരുണ്ടല്ലോ അവിടെ തൊട്ട് തൊടങ്ങ അതൊന്നും പോയി ഒബ്സെസ്ഡ് ആവാനൊന്നും പാടില്ല അമ്മക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അത് ഇമോഷണൽ ആവാനല്ല നിസ്വാർത്ഥമായിട്ട് ആ ജീവനിഹിതം എന്താണെന്ന് കണ്ട് അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ചെയ്യണം അമ്മ ചോദിക്കാണ് മകനെ എനിക്കൊരു ടി വി വാങ്ങിച്ചു തരൂന്ന് വെച്ചാൽ വാങ്ങിച്ചു കൊടുക്കാൻ പാടില്ല അത് ഈ യജ്ഞമല്ല അമ്മയെ ഹിതം ചിന്തിച്ച് ഒരു തീർത്ഥക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാം മഹത്സാന്നിധ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാം മരുന്ന് വാങ്ങിച്ചു കൊടുക്കാം അല്ലെങ്കിൽ കാല് പിടിച്ചു കൊടുക്കാം കൂടെയിരിക്കാം ശുശ്രൂഷ ചെയ്യാം ഭക്ഷണം കൊടുക്കാം അസ്ത്രം കൊടുക്കാം അതൊക്കെ ചെയ്യാം ഹിതം നോക്കിക്കൊണ്ട് ആ ഏറ്റവും വലിയ ഹിതം എന്താ ആ ജീവന് ആധ്യാത്മികമായ മാർഗവും കൂടെ കാണിച്ചു കൊടുക്കാം ആധ്യാത്മികം മാത്രം കൊടുത്താൽ ഫിസിക്കൽ മെന്റൽ സ്പിരിച്വൽ ത്രീ ടയർ ആണ് ഓരോ ജീവനും നമ്മൾ ഹിതം ചെയ്യുന്നത് അങ്ങനെയാണ് അധ്യാത്മികം അതാണ് ഭാഗവത സപ്താഹത്തിന് പലരും പറയും ഊണ് കഴിക്കാനായിട്ട് ആളുകൾ വരണു ഊണ് കഴിക്കാനെങ്കിലും വരട്ടെ കുഴപ്പമില്ല ഉണ് കഴിക്കാൻ വരുന്നതോടൊപ്പം കുറച്ച് ഇത് ചെവിയിൽ പോയാൽ സ്പിരിച്വൽ ഊണ് കഴിച്ചു കഴിഞ്ഞാൽ മാനസികമായൊരു സന്തോഷം അതും ഏത് വിധത്തിലും ഈ യജ്ഞം ചെയ്യാനുള്ള ചാൻസ് കളയാതെ നമ്മള് ബുദ്ധിയും വേണം അതിന് പുറകിൽ ഇന്റലിജൻസും വേണം പക്ഷേ യു ഷുഡ് നോട്ട് ബി ക്ലവർ യു ് യു ക്യാൻ ബി ഇന്റലിജന്റ് നോട്ട് ക്ലവർ ക്ലവർനെസ് ി അഗൻസ് സ്പിരിച്വാലിറ്റി ക്ലവർനെസ് എന്ന് വെച്ചാൽ സ്വാർത്ഥതയാണത് സൂത്രത്തിൽ എനിക്ക് എന്തോ ഒരു പ്രയോജനപ്പെടുത്താൻ ഉപയോഗിക്കുന്നതാണ് ക്ലവർനസ് ഇന്റലിജൻസ് സെൽഫ്ലെസ്നസ് ക്ലവർനസ് ഈസ് ഈഗോയിസം പ്രൈഡ് സെൽഫിഷ്നസ് ഇത് രണ്ടും വാക്ക് വരെ വരെ ഒന്ന് കൗശലത ഒന്ന് സാത്വികമായ ബുദ്ധി സാത്വികമായ ബുദ്ധി വേണം സൂക്ഷ്മബുദ്ധി വേണം സൂക്ഷ്മബുദ്ധി എന്തിനാ ഇതുപോലെ അമ്മയ്ക്ക് പൂജ ചെയ്യണം നല്ലത് ചെയ്യണം പറഞ്ഞാൽ അമ്മ ടി വി ഡയബറ്റീസ് ആണെന്ന് അറിയാം മധുരപലഹാരം വേണമെന്ന് വെച്ചാൽ ഒക്കെ വാങ്ങിക്കൊടുത്താൽ ഹിതമാവോ ഹിതം എങ്ങനെ ചെയ്യണം അറിയണം നമ്മളോട് സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് കഴിക്കൂ നിങ്ങളോട് എനിക്ക് സ്നേഹമാണ് പാൽപായസം ധാരാളം ഒഴിച്ചാൽ സ്നേഹമാവോ സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഇല്ല ചിന്തിച്ച് എല്ലാ പ്രാണികൾക്കും ഹിതം എങ്ങനെ വരും എന്ന് ചിന്തിച്ചുകൊണ്ട് ഇറ്റ് ഷുഡ് become so spontaneous also അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പതുക്കെ പതുക്കെ പതുക്കെ അമ്മയോടുള്ള ബന്ധം അച്ഛനോടുള്ള ബന്ധം ബന്ധുക്കളോടുള്ള ബന്ധം കുട്ടികളോടുള്ള ബന്ധം എല്ലാത്തിനോടും നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടാകും യജ്ഞമായിട്ട് മാറും തപസ്സായിട്ട് മാറും അതിന്റെ എഫക്റ്റ് എന്താ ചിത്തം പ്രസന്നമായിക്കൊണ്ടേ നമ്മൾ പ്രത്യേകിച്ച് ധ്യാനിക്കാനിരിക്കൊന്നും വേണ്ട ഒരു മെഡിറ്റേഷനും പ്രാക്ടീസും ഒന്നും വേണ്ട ചിത്രം പ്രസന്നമായിക്കൊണ്ടേയിരിക്കും തെളിഞ്ഞുകൊണ്ടേയിരിക്കും ശരീരത്തിൽ ധാതുക്കളൊക്കെ ശുദ്ധമാവും ആരോഗ്യം ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവും മനസ്സിന് തെളിച്ചമുണ്ടാവും ബുദ്ധിക്ക് പ്രസന്നത ഉണ്ടാവും ഉറങ്ങിക്കഴിഞ്ഞാൽ മരത്തടി പോലെ ഉറങ്ങും ഉണരുമ്പോ സുപ്രഭാതം ഉണ്ടാകും എല്ലാം ഉണ്ടാകും യജ്ഞത്തിന്റെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ ശരിക്ക് യജ്ഞം ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ അതിന്റെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ ഫ്രഷ്നെസ് യജ്ഞം ചെയ്താൽ ആ പുക കൊണ്ട് അന്തരീക്ഷം ശുദ്ധമാവെന്ന് പറയണമല്ലോ അത് ശുദ്ധമാവുമായിരിക്കും പക്ഷേ നമ്മളുടെ ഉള്ളിൽ യജ്ഞം ചെയ്യപ്പെടുമ്പോ അവിടുന്ന് വരുന്ന ഫ്രാഗ്രൻസ് ഉണ്ടല്ലോ അഹങ്കാരരഹിതമായ സാന്നിധ്യം അതുകൊണ്ട് തീർച്ചയായും എല്ലാം ശുദ്ധമാവും സകലതും ശുദ്ധമാവും അപ്പൊ അങ്ങനെയുള്ള യജ്ഞം അതിനാണ് ഭഗവാൻ ഇവിടെ പരസ്പര ഭാവനയായി പറയണത് അടുത്ത ശ്ലോകം നോക്കാം നിങ്ങൾക്ക് മഴയായിട്ടും വെയിലായിട്ടും കാളേ വർഷത്തു പജന്യ പൃഥി സത്യശാലി ദേശോയം ശോഭരഹിത എന്നുള്ള രീതിയില് എല്ലാവിധത്തിലുള്ള പുഷ്ടിയും ഇങ്ങോട്ട് തിരിച്ചു തരും പരസ്പരം ഭാവയന്ത പ്രകൃതിയിലെ ഓരോ എലമെന്റും നമ്മളിൽ തന്നെ പ്രകൃതിക്ഷോഭം ഉണ്ടാവാം പ്രകൃതിക്ഷോഭം പുറത്ത് മാത്രമല്ല നമ്മളുടെ ശരീരത്തിൽ പ്രകൃതിക്ഷോഭം ഉണ്ടാകുമ്പോഴാണ് വ്യാധി ഉണ്ടാവുന്നത് പ്രകൃതിക്ഷോഭം എന്താ ധാതുക്ഷോഭം നമ്മളുടെ ശരീരത്തിലുള്ള ധാതുക്കൾ എലമെന്റ്സ് ഒക്കെ ഓർഡർ തെറ്റുമ്പോൾ സ്ഥാനം തെറ്റുമ്പോ എന്തെങ്കിലുമൊക്കെ കുഴപ്പം ഡൈജഷൻ ശരിയാവില്ല അല്ലെങ്കിൽ ജലദോഷം പിടിക്കും അല്ലെങ്കിൽ പനി പിടിക്കും എന്തെങ്കിലുമൊക്കെ അതും ഒക്കെ നമുക്ക് ആ ദേവന്മാർക്ക് കൊടുക്കേണ്ടത് ഓവറായിട്ടും കൊടുക്കേണ്ട നേരെ ചൊവ്വ കൊടുത്താൽ ആ ദേവന്മാർ തിരിച്ച് നമുക്ക് തരും അതേപോലെ പ്രകൃതിയിലും അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ പ്രകൃതി ഇങ്ങോട്ട് വർഷിക്കും പരസ്പരം ഭാവയന്ത ദേവന്മാർക്ക് കൊടുത്ത് ദേവന്മാർ തരുന്നത് ബുധിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ പരസ്പരം ഈ ഭാവനയുണ്ടെങ്കിൽ ശ്രേയപരമവാപ്സ്യത പരമമായ ശ്രേയസ് പരമമായ ശ്രേയസ് എന്താ ജീവിതം ധന്യമാവും ധന്യമായ ജീവിതം ദൈനംദിന ജീവിതം ധന്യമാവും ഓരോ ദിവസവും നമുക്ക് ഒരു സന്തോഷമാണ് എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസവും യജ്ഞമാണ് ഓരോ ദിവസവും ആരാധനയാണ് അടുത്ത ശ്ലോകം വന്മാര് നമുക്ക് ഇഷ്ടമായിട്ട് എന്തൊക്കെ വേണോ അതൊക്കെ തരും ഇങ്ങനെ യജ്ഞഭാവിതാഹ യജ്ഞം കൊണ്ട് സന്തോഷിച്ചിട്ട് ദേവന്മാർ നമുക്ക് പലതും തരും അല്ലെങ്കിൽ അവർ തരും തന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പൊ തരണുണ്ട് പ്രകൃതി നമുക്ക് എല്ലാവർക്കും തന്നുകൊണ്ടിരിക്കുന്നു ഇഷ്ടം പോലെ തരണം നമ്മൾ കാണിക്കുന്നതിന് ഒരു മഴ പോലും പെയ്യാൻ പാടില്ല പക്ഷേ അവർക്ക് അങ്ങോട്ട് കൊടുക്കാതെ അവർ തരുന്നതിനെ ഭുജിക്കുന്നവൻ തൈർ ദത്താൻ അപ്രതായീഭ്യ എന്നുവെച്ചാൽ പ്രകൃതിയെ മുഴുവൻ ദ്രോഹിച്ചുകൊണ്ട് പ്രകൃതി തരുന്ന സുഖങ്ങളെ മാത്രം അനുഭവിക്കുന്നവൻ സ്ഥേനയേവ സഹ അവൻ കള്ളനാണെന്നാണ് ഭഗവാൻ ഇനിയൊരു ചീത്ത നമ്മളെ പറയാനില്ല അത്രയും വലിയ ചീത്തമാക്കാണ്ട് അവൻ കള്ളനാണ് അവൻ പ്രകൃതിയിലുള്ളതൊക്കെ മോഷ്ടിക്കണോ പ്രകൃതിക്ക് തിരിച്ചൊന്നും കൊടുക്കണില്ല ഒരു വൃക്ഷം മുറിക്കണമെങ്കിൽ പഴയ കാലത്ത് ആ വൃക്ഷത്തിനോട് ചോദിച്ച് വൃക്ഷത്തിലുള്ള പക്ഷികളെ ഒക്കെ മാറി താമസിപ്പിപ്പിച്ച് എന്നിട്ടൊക്കെ വൃക്ഷം അത്രയ്ക്ക് ജാഗ്രതയായിരുന്നു പ്രകൃതിയിൽ ഒന്നിന്റെയും ബാലൻസ് തെറ്റിക്കരുത് സർപ്പത്തിന് ഏതും ക്ഷുദ്രജീവി നല്ല ജീവി ഒന്നുമില്ല എല്ലാ ജീവികളും അതാത് സ്ഥലത്ത് നിർത്തിക്കൊണ്ട് ജീവിക്കുക എന്നുള്ള സമ്പ്രദായം ഇപ്പൊ എന്താന്ന് വെച്ചാൽ നായ്ക്കൾ അധികായ അവരെ പിടിച്ചുകൊല്ല കുറെ മൃഗങ്ങൾ അപ്പൊ എന്തിനെങ്കിലും ഒന്ന് ബാലൻസ് തെറ്റിച്ചാൽ തവളയെ മുഴുവൻ പിടിച്ചുകൊണ്ട് പോയാൽ എന്താവും ചെറിയ ചെറിയ പ്രാണികൾ വന്നിട്ട് നെല്ലും വയലും ഒക്കെ തിന്നു ഒരു ബാലൻസ് തെറ്റും പാമ്പിനെ മുഴുവൻ പിടിച്ചുകൊണ്ടുപോയാൽ തവള ധാരാളമാകും പ്രകൃതിയിൽ ഒന്നൊന്നിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ പ്രകൃതിയുടെ താളുമൊക്കെ തെറ്റിക്കാൻ പുറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൻ പ്രകൃതി തരണതൊക്കെ അനുഭവിച്ച് പ്രകൃതിക്ക് തിരിച്ചു കൊടുക്കണില്ലെങ്കിൽ ഹിംസ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ കള്ളനാണ് കള്ളന് എന്ത് ശിക്ഷ കിട്ടുമോ ആ ശിക്ഷ കിട്ടും അർത്ഥം എന്താന്ന് വെച്ചാൽ ജീവിത പൂർത്തി ഉണ്ടാവില്ല പൂർണ്ണത ഉണ്ടാവില്ല आसुर भावणु तैर्दत्ता न प्रदायभ्यो यो भुंक्ते स्न सह अकंटिश्यत्मक कहनेट्स ശേഷിക്കുന്ന ഭാഗത്തിനെ അമൃതം എന്ന് പറയും ഇവിടെ ഭഗവാൻ അതിനെ തന്നെ വേറെ വിധത്തിൽ പറയാണ് ത്യാഗം ചെയ്ത ശേഷം എന്ത് ശേഷിച്ചിരിക്കുന്നു ശേഷിക്കുന്നത് അമൃതമാണ് അതായത് നമ്മളുടെ അഹങ്കാരം ക്ഷയിക്കുമ്പോ എപ്പോ തന്നിഴപ്പ് തമിഴിൽ അത് തന്ന വാർത്ത തന്നിഴപ്പ് ഏർപ്പെടുന്ന പോലെല്ലാമേ അതിടത്തിൽ അമൃതാനുഭവം ഉണ്ടാകും യജ്ഞശിഷ്ടാശിന സന്തഹ മുച്ചേ സർവകിൽബിഷി സന്തഹ എന്നുള്ള വാക്കാണ് ഭഗവാൻ പ്രയോഗിച്ചിരിക്കുന്നത് സന്തഹാ എന്ന് വെച്ച സാധുക്കൾ എന്നർത്ഥം സത്തുക്കൾ എന്നർത്ഥം സത്തിനെ കണ്ടവരാണ് സന്തുക്കൾ യജ്ഞം ചെയ്യുമ്പോഴൊക്കെ തന്നെ എപ്പോഴൊക്കെ നമ്മൾ ഈ അഹങ്കാരത്തിന് മൂലത്തിൽ അടക്കുന്നുവോ അപ്പോഴൊക്കെ യജ്ഞമാണ് ആ യജ്ഞം ത്യാഗം കഴിഞ്ഞ് ശേഷിച്ചിരിക്കുന്നത് എന്താ അമൃതമാണ് അതിനെ അശിക്കുന്നവർ എന്നുവെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു ത്യാഗം ചെയ്യുമ്പോൾ ത്യാഗം ചെയ്യുന്ന ക്ഷണം നമ്മളുടെ ഉള്ളിൽ കാണാം ഒരു സീക്രട്ട് ഡോർ തുറക്കപ്പെടും ഒരു ഫൗണ്ടൈൻ തുറക്കപ്പെടും നമ്മളുടെ ഉള്ളിൽ എന്തോ ഒരു അനുഭൂതിയുടെ കുളിർമ അകമയ്ക്ക് വന്ന് നിറയും അതിനാണ് ഇവിടെ യജ്ഞശിഷ്ട ആശിന അതിനെ അല്ലാതെ വായു കൊണ്ട് ഭുജിക്കലല്ല ഇവിടെ പറയണത് നമ്മൾ എന്തിനെയോ ഒന്നിനു ഭുജിക്കും ത്യാഗം ചെയ്യുന്ന ഓരോ മൊമെന്റിലും ഓരോ ക്ഷണത്തിലും നമ്മൾ എന്തോ ഒരു അനുഭവത്തിനെ ഭുജിക്കും അകമയ്ക്കും അതിന് ഭുജിക്കുന്നവർ സർവകിൽബിഷി മുച്ച സകല കളങ്കങ്ങളിൽ നിന്നും അവർ വിമുഖതരാകുന്നു അല്ലാതെ പുറമേക്ക് എന്തെങ്കിലും ഭുചിക്കലല്ല പുറമേക്കും ഭുചിക്കുമായിരിക്കും ഒരമ്മ എല്ലാവർക്കും ആഹാരം കൊടുത്തു അവസാനം അമ്മയ്ക്ക് വേണ്ടിയുള്ള ഭക്ഷണം മാത്രം ബാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇണ്ട് അവസാനത്തെ മകൻ ഇന്ന് വരില്ല എവിടെയോ ദൂരത്ത് ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞ് പോയ ആള് രാത്രി തിരിച്ചു വന്നു അമ്മയ്ക്ക് ഒരേ അമ്മ വിചാരിക്കോ ഞാൻ എനിക്ക് മാത്രം ഭക്ഷണം വെച്ചപ്പോ തിന്നാൻ വന്നു എന്ന് വിചാരിക്കോ സന്തോഷമായിട്ട് അമ്മ ഭാഗ്യം ഞാൻ കഴിച്ചില്ലല്ലോ ഞാൻ കഴിച്ചിരുന്നു എങ്കിൽ കുട്ടിക്ക് എന്ന് പറഞ്ഞ് തനിക്ക് വെച്ച ഭക്ഷണത്തിന് ആ മകന് കൊടുത്തിട്ട് വെറും പച്ചവെള്ളമോ മോരോ കുടിച്ചിട്ട് കിടക്കുമ്പോ ആ അമ്മയുടെ ഹൃദയത്തിൽ മാതൃഹൃദയത്തിൽ എന്തു ഭാവം ഉണ്ടാകും അവിടെ ഒരു ത്യാഗം ചെയ്യപ്പെട്ടു ത്യാഗത്തിന്റെ സോഴ്സ് പ്രിയമാണ് പ്രിയം ഉള്ളത് ത്യാഗം നാച്ചുറൽ ആയിട്ട് നടന്നു നടന്ന ഒരു സുഖമായ ഒരു ഒരു നിർവൃത്തി ആ നിർവൃത്തിയാണ് അമൃത്തം അതിനാണ് ഭുജിക്കുന്നത് ഇപ്പോ അത് ഈ ചാപ്പാട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതും ഒരു ഭോജനമാണ് ആ ഭോജനത്തിനേക്കാളും എത്രയോ ഇരട്ടി നിർവൃതിയേൽകുന്ന ഒരു ഭോജനം അകമേ നടന്നു ഈ ത്യാഗ ബുക്ക് ത്യാഗ ബുക്കായിട്ട് തീർന്നു ഇപ്പൊ ഭോഗബുക്കായില്ല അതാണ് യജ്ഞശിഷ്ട അശിന അശനംന്ന് വെച്ചാൽ ഭുജിക്കുക യജ്ഞശിഷ്ടമായിട്ടുള്ളതിനെ അശിക്കുമ്പോ സർവകൽഭുശൈ ഉച്ച അതുകൊണ്ട് ഇങ്ങനെ യജ്ഞം ചെയ്യ ചെയ്യ ചെയ്യ ചെയ്യ സകല കളങ്കങ്ങളിൽ നിന്നും വിമുക്തരാകും തനിക്ക് വേണ്ടി മാത്രം ആരും അനുഭവിക്കുന്നുവോ പുഞ്ചേ തേതു അഘം പാപാഹ ഏ പച്ചതി ആത്മകാരനാ ഇവിടെ പാചകത്തിനെ തന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞു ഭഗവാൻ പച്ചന്തി എന്നുള്ളത് ഏതർത്ഥത്തിലും എടുക്കാം ഇവിടെ പാചകത്തിനെ എടുത്തു പറഞ്ഞു തനിക്ക് വേണ്ടി മാത്രം ഭക്ഷണം ചെയ്ത് താൻ മാത്രം നിന്നാൽ സൂകരം എന്നാണ് പറയുക പന്നിയെ പോലെ താൻ ഉണ്ടാക്കുക താൻ ഭക്ഷിക്കുക ഈ സ്വാമി അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു ചീത്ത കാര്യം ചെയ്തു എന്താ ചെയ്തെന്ന് വെച്ചാൽ എല്ലാവർക്കും പ്രസാദം കൊടുക്കാൻ പറയും ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർ പ്രസാദം ഡിസ്ട്രിബ്യൂഷൻ എല്ലാവർക്കും എടുത്തു കൊടുക്കും വളരെ സ്വാദിഷ്ടമായ സ്വീറ്റ്സ് ആരോ കൊണ്ടുവന്നു അപ്പോ ഈ എണ്ണാമല സ്വാമി എല്ലാര്ക്കും എടുത്തു കൊടുക്കുമ്പോ എല്ലാര്ക്കും ഓരോ പിടി എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ എല്ലാര്ക്കും ഇങ്ങനെ കൊടുത്തിട്ട് ആരും കാണാതെ ഒരു ചുമരന്റെ അപ്പുറം പോയി നിന്ന് രണ്ടു മൂന്ന് കവളം വായിലിട്ടു ആരും കാണാതെ ചെയ്തിട്ട് വന്നു ചെയ്തു വന്നോടനെ ഭഗവാൻ ഇങ്ങനെ നോക്കിയത്രേ നോക്കുമ്പോ തന്നെ ഇദ്ദേഹത്തിന് ആകപ്പാടെ വേർത്ത് കഴിഞ്ഞു എല്ലാവർക്കും കൊടുത്തത് ഇവിടെ അധികമാ ചാപ്പിടരുതിൽ സുഖം നനച്ചിണ്ടിരിക്കുക എല്ലാവർക്കും കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ സ്വയം അനുഭവിക്കുന്നതിലാണ് സുഖം എന്ന് വിചാരിച്ചിരിക്കുകയാണോ ഒരേ ഒരു വാക്ക് അത്രയേ പറഞ്ഞില്ല തന്നെ അവര് ഭുജിക്കുന്നത് അഘം പാപത്തിനെയാണ് ഭുജിക്കണത് എന്നാണ് ഏ പച്ചതി ആത്മകാരണാത് തനിക്ക് വേണ്ടി മാത്രം അതിൽ ആ സെൽഫിഷ്നെസിനെയാണ് മഹർഷി നോക്കിയത് വേറെ ചില ആളുകൾക്ക് സ്വഭാവമായിട്ടുണ്ടോ അത് വേറെ വിഷയം ശ്യാമാശാസ്ത്രി എന്ന് പറഞ്ഞു ശ്യാമാത്താന്ന് വിളിക്കും ഉണ്ടായിരുന്നു അദ്ദേഹം ചിലപ്പോ എല്ലാവരും ഋഷിഭൂഷണം ചെയ്യും എല്ലാം വരുന്ന ഭക്ഷണമൊക്കെ എല്ലാവരും കൊടുക്കപ്പെടുമല്ലോ അദ്ദേഹം എങ്ങനെ കൊടുക്കുന്നു വെച്ചാൽ അദ്ദേഹം അങ്ങിങ്ങും പോയിട്ടൊന്നും ചെയ്യില്ല ഒരാളുടെ കയ്യിലിടും കുറച്ചെടുത്ത് വായിലിടും ഒരാളുടെ കയ്യിലിടും കുറച്ചിടത്ത് വായിലിടും വാഷി പറവലിയെ ഇപ്പഴിതാ കൊടുക്കണം കൊടുക്കണം അത കൊടുക്കണം ഓരോടത്തും ആത്മബോചനം ഉണ്ടായിക്കൊണ്ടേ തനിക്ക് വേണ്ടി മാത്രം ബുധിക്കുന്നവൻ തേ ഭുഞ്ജത്തെ അഘം പാപ പചന്തി ആത്മകാരണാ ത്യാഗമാണ് ഇതിന്റെ പുറകിലുള്ള ഒരു മർമ്മമായിട്ട് ഭഗവാൻ ഇവിടെ എടുത്തു പറയണത് അടുത്ത ശ്ലോകം അന്നി ഭൂത പർജനാദന്നഭവഹ യജ്ഞാഭവതി പർജന്യോ भव ब्रह्मव विद्रमुद्दव तस्मागत ब्रह्म निज्ञे प्रतिष्ठे गूढ़ श्लोक श्लोक ശ്ലോകത്തിന്റെ അർത്ഥം പറഞ്ഞാൽ അന്നാദ്ഭവന്തി ഭൂതാമി എല്ലാ പ്രാണികളും എവിടുന്ന് ഉണ്ടാവുന്നു ഭൂചിക്കുന്ന അന്നത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത് അന്നം ശുക്രശോണിത രൂപത്തിൽ സ്ത്രീഗർഭത്തിൽ പ്രവേശിച്ച് കുഞ്ഞായിട്ട് ഉണ്ടായി വളർന്നു വന്ന് ജനിക്കുന്നു പ്രജകൾ അതുകൊണ്ട് അന്നത്തിൽ നിന്നും പ്രജകളുണ്ടാവുന്നു അന്നം എവിടുന്നുണ്ടാവുന്നു പർജന്യാദന്ന സംഭവ മഴ പെയ്യുമ്പോൾ പർജന്യത്തിൽ നിന്നും ഉണ്ടാവുന്നു ഉപനിഷത്തുകൾ പല രീതിയിലും പറഞ്ഞു മരിച്ചുപോയ ജീവൻ അതിന്റെ പുണ്യപരിഭാഗത്തിനനുസരിച്ച് പല മണ്ഡലങ്ങളിലും ജന്മമെടുത്ത് ആ പുണ്യപരിഭാഗം തീർന്നു കഴിയുമ്പോൾ ആ ജീവൻ മേഘങ്ങളിലൂടെ മഴവെള്ളമായി ഭൂമിയിൽ വീണ് ധാന്യങ്ങളിലൊക്കെ പ്രവേശിച്ച് പുരുഷ ശരീരത്തിൽ പ്രവേശിച്ച് സ്ത്രീഗർഭത്തിലേക്ക് പ്രവേശിക്കും എന്നൊരു മാർഗം അങ്ങനെയും അന്നാദ്ഭവന്തി ഭൂതാനി അന്നം എവിടുന്നുണ്ടായി പർജന്യാദന്ന സംഭവ മേഘത്തിൽ നിന്നും അന്നമുണ്ടാവുന്നു മേഘം എവിടുന്നുണ്ടായി യജ്ഞാദ്ഭവതി പ്രർജന്യഹ യജ്ഞത്തിൽ നിന്നും മേഘമുണ്ടാവുന്നു അവിടെയാണ് ഒരുപാട് കൺഫ്യൂഷൻ ആളുകൾ യജ്ഞത്തിൽ നിന്നും യാഗയജ്ഞങ്ങളിൽ നിന്നും മേഘം ഉണ്ടാവുന്നു യജ്ഞാദ്ഭവതി പർജന്യഹ യജ്ഞ യജ്ഞമോ കർമ്മസമുദ്ഭവ കർമ്മത്തിൽ നിന്നാണ് യജ്ഞം ഉണ്ടാവുന്നത് കർമ്മത്തിനെയാണല്ലോ നമ്മൾ യജ്ഞമാക്കി മാറ്റുന്നത് കർമ്മ ബ്രഹ്മോദ്ഭവം വിധി ആ കർമ്മത്തിനോ സോഴ്സോ വേദമാണ് എന്നൊരർത്ഥം ബ്രഹ്മമാണ് എന്നൊരർത്ഥം ബ്രഹ്മോദ്ഭവം വിദ്യ ബ്രഹ്മം എവിടെ പ്രതിഷ്ഠിതം അക്ഷരസമുദ്ഭവം അക്ഷരത്തിലാണ് അക്ഷരം എന്ന് വെച്ചാൽ അന്തറിയാമ്യു അതൊക്കെ പതുക്കെ പറഞ്ഞു വരാം ബ്രഹ്മക്ഷരസമുദ്ഭവം അതുകൊണ്ട് ബ്രഹ്മത്തിനെ അനുഭവിക്കുന്നതോ തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞയെ പ്രതിഷ്ഠിതും യജ്ഞം ചെയ്യുമ്പോഴാണ് ബ്രഹ്മം അനുഭവപ്പെടുന്നത് അതീവ നിഗൂഢമായിട്ടുള്ള ഒരു ശ്ലോകമാണ് വളരെ സീരിയസായിട്ട് ഗീത പഠിക്കുന്നവർക്ക് ഈ ശ്ലോകത്തിന് ഇപ്പോൾ അർത്ഥം പറഞ്ഞാലും പ്രയോജനപ്പെടും അനാദ്ഭവന്തി ഭൂതാനി അത് അർത്ഥം വളരെ ക്ലിയർ ചാപ്പാടിൽ നിന്നും സകല പ്രാണികളുടെയും ഉദ്ഭവത്തിനുള്ള ഊർജം ഉണ്ടാവുന്നു അന്നം എവിടുന്ന് ഉണ്ടാവുന്നു മേഘത്തിൽ നിന്ന് മഴ ഉണ്ടാവുന്നു എന്നുള്ളതും ക്ലിയർ അടുത്തതിലാണ് മഴ യാഗയജ്ഞങ്ങൾ കൊണ്ടാണ് മഴ ഉണ്ടാവണതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റില്ല യാഗയജ്ഞങ്ങൾ കൊണ്ടെന്നാണ് പല ആളുകളും അർത്ഥവും പറഞ്ഞിരിക്കുന്നത് യജ്ഞം കൊണ്ടെന്ന് പറയുമ്പോൾ യാഗം ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ കാലത്ത് യാഗവുമില്ല പിന്നെ യാഗയജ്ഞങ്ങൾ ഇല്ലാത്തതായ പല ദേശങ്ങളും ഉണ്ട് അവിടെയൊക്കെ മഴ എങ്ങനെ പെയ്യണു എന്നൊക്കെ ചോദ്യം വരും അല്ല അങ്ങനെയല്ല മനുഷ്യൻ ത്യാഗം ചെയ്യുന്ന യജ്ഞത്തിൽ നിന്നൊരു ശക്തി ഉണ്ടായി ആ ശക്തി കൊണ്ടാണ് മഴ പെയ്യുന്നതെന്ന് വെച്ചാലും ശരിയാവില്ലേ വളരെ അദ്ഭുതമായ ഒരു അർത്ഥം ഇതിന് വളരെ വ്യക്തമായ അർത്ഥമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രകൃതി മുഴുവൻ യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്ക് മഴ കിട്ടുന്നത് തന്നെ പ്രകൃതിയിൽ സൂര്യൻ സമുദ്രം ഇത് കാറ്റ് ഇതൊക്കെ ചെയ്യുന്ന യജ്ഞത്തിന്റെ ഫലമാണ് നമുക്ക് മഴ പർജന്യാ യജ്ഞാദ്ഭവതി പർജന്യഹ എന്ന് വെച്ചാൽ സൂര്യൻ ഒരു യജ്ഞം ചെയ്യുന്നു സൂര്യൻ യജ്ഞത്തിന്റെ മൂല തന്നെ സൂര്യനാണ് ഇമം വിവസ്വതയോഗം പ്രോക്തവാൻ അഹം അവയം സൂര്യൻ ഒരു യജ്ഞം ചെയ്യുന്നു സമുദ്രജലത്തിന് നീരാവി ആക്കി മാറ്റുന്ന യജ്ഞം കാറ്റൊരു യജ്ഞം ചെയ്യുന്നു ആ മേഘത്തിനെ പല സ്ഥലത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു യജ്ഞം ഓരോ ദേവതകളും ഈ യജ്ഞത്തിന് കൂട്ടി നിൽക്കും മഴ പെയ്യാൻ കാരണം പ്രകൃതിയിലുള്ള ഈ എലമെന്റ്സ് ഒക്കെ അവരവരുടെ നിയമങ്ങൾ തെറ്റിക്കാതെ ഈ ദേവതകളൊക്കെ യജ്ഞം ചെയ്യുന്നതിന്റെ ഫലമാണ് മഴ അപ്പൊ പ്രകൃതിയിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് യജ്ഞം അപ്പൊ യജ്ഞാത്ഭവതി പർജന്യഹ എന്ന് വെച്ചാൽ ഒരു സംശയവും വേണ്ട യജ്ഞം എല്ലാ കാലത്തും ഉണ്ട് യാഗയജ്ഞങ്ങൾ മാത്രമല്ല യാഗയജ്ഞങ്ങൾ കൊണ്ടും മഴ പെയ്യും അതിനെത്രയോ കഥകളുണ്ടല്ലോ യാഗം ചെയ്തിട്ട് മഴ പെയ്തു യജ്ഞം ചെയ്ത് മഴ പെയ്തു അതൊക്കെ പ്രത്യേകം വിശേഷ യജ്ഞങ്ങളാണ് സാമാന്യ യജ്ഞം ഇവിടെ ഭഗവാൻ പറഞ്ഞു പ്രകൃതിയിൽ ഓരോ ദേവതകൾ യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പ്രകൃതിയിൽ സൂര്യൻ യജ്ഞം ചെയ്യുന്നു വായു യജ്ഞം ചെയ്യുന്നു സമുദ്രജലത്തിനെ കൊണ്ടുപോകുന്നു ഒക്കെ യജ്ഞമാണ് അവരൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്നു സമുദ്രത്തിൽ തന്നെ വേണമെങ്കിൽ ആ മേഘം മുഴുവൻ മഴ പെയ്ത് തീരാം അങ്ങനെയില്ലാതെ വായു കൊണ്ടുപോയി അതാത് കാലത്ത് അതാത് സ്ഥലത്ത് വൃഷ്ടി ചെയ്യിപ്പിക്കണം ഇതൊക്കെ യജ്ഞമാണ് അപ്പൊ ഈ പ്രകൃതി നമുക്ക് കാണിച്ചു തരുന്നു അവരുടെ പ്രോസസ്സിന് അതാത് എലമെന്റ്സ് അതാത് ഭൂതങ്ങൾ അതാത് കാലത്തിൽ നിസ്വാർത്ഥമായി ചെയ്യുന്ന ഒരു യജ്ഞത്തിന്റെ ഫലമാണ് നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കണത് അപ്പൊ പർജ പർജന്യാദന്ന സംസംഭവ യജ്ഞാദ്ഭവതി യജ്ഞം എവിടുന്നുണ്ടായി കർമ്മസമുദ്ഭവ അതെല്ലാവർക്കും അറിയാം ചലനമാണ് കർമ്മം ഓരോ കർമ്മവും യജ്ഞം ചെയ്യണമെങ്കിൽ ഒരിക്കലും ജഡം ചലിക്കുകയേ ഇല്ല ഒരു ചലനം ഉണ്ടാവണമെങ്കിൽ അതിന് ഒരു ചൈതന്യ ഉണ്ടാവും ഇപ്പൊ ഞാൻ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ ഇതൊരു കർമ്മമാണ് ആ കർമ്മം യജ്ഞവുമാവാം സ്വാർത്ഥവുമാവാം ഈ കർമ്മം തന്നെ യജ്ഞമായിട്ട് മാറുമ്പോൾ കർമ്മത്തിൽ നിന്നും യജ്ഞം ഉണ്ടാവുന്നു ഈ കർമ്മം എവിടെ നിന്നുണ്ടായി കർമ്മ ബ്രഹ്മോദ്ഭവം വിധി യാഗയജ്ഞങ്ങളാണെങ്കിൽ കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി എന്ന് വെച്ചാൽ വേദമാണ് യജ്ഞത്തിന്റെ മൂലം അതുകൊണ്ട് വേദത്തിൽ നിന്നും അറിഞ്ഞുകൊണ്ട് യജ്ഞം ചെയ്യും കർമ്മ ബ്രഹ്മോദ്ഭവം വിധി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ നമ്മളുടെ അഖണ്ഡമായ ചൈതന്യം നമ്മുടെ സ്വരൂപം അതിൽ നിന്നുമാണ് യജ്ഞം തന്നെ ഉണ്ടാവുന്നത് കർമ്മം ബ്രഹ്മത്തിൽ ഒരു ചലനമാണ് കർമ്മം ബ്രഹ്മത്തിൽ ഏർപ്പെടുന്ന ഒരു സ്പന്ദനമാണ് കർമ്മം ആ ബ്രഹ്മത്തിനെ അനുഭവിക്കുന്നത് എങ്ങനെ അക്ഷര സമുദ്ഭവം അക്ഷരസമുദ്ഭവം എന്ന് വെച്ചാൽ ബ്രഹ്മത്തിലുള്ള ഓരോ ചലനവും കർമ്മമാണ് പക്ഷെ ബ്രഹ്മത്തിനെ അനുഭവിക്കണമെങ്കിൽ അക്ഷര അക്ഷരപുരുഷൻ അക്ഷരപുരുഷൻ പുരുഷോത്തമൻ എന്ന് ഭഗവാൻ തന്നെ പറയുന്നു അക്ഷരം എന്നുള്ള വാക്കിന് ഗീതയിൽ അർത്ഥം അഹം എന്നുള്ള ബോധസ്വരൂപം എന്നർത്ഥം ജീവസ്വരൂപമല്ല അഹം എന്നുള്ള പ്രജ്ഞ അതിനാണ് ഭഗവാൻ ഗീതയിൽ അക്ഷരം എന്ന് പറഞ്ഞിട്ടുള്ളത് ദിവ്യോഹി അമൂർത്ത പുരുഷ സബാഹ്യാഭ്യന്തരോഹി അജഹ അപ്രാണോഹി അമനാഹ ശുഭ്രോഹി അക്ഷരാത്പരത അക്ഷരത്തിനപ്പുറമുള്ളതിനെയാണ് പരമാത്മാ ബ്രഹ്മം എന്നൊക്കെ പറഞ്ഞത് അക്ഷരം എന്ന് വെച്ചാൽ നമ്മളുടെ അകത്ത് അഹമഹമഹം എന്നുള്ള സ്ഫൂർത്തി ആ അക്ഷരബ്രഹ്മത്തിനെ ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവത്തിനെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ കർമ്മം എന്നുള്ളത് ഒരു അസത്പ്രതിഭാസമാണെന്ന് അറിയുകയും ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ യജ്ഞമാവുകയും ചെയ്യും തസ്മാത് സർവഗതം ബ്രഹ്മ അതുകൊണ്ട് സർവഗതമായിട്ടുള്ള ബ്രഹ്മം പരമാത്മാഅനുഭവം നമ്മളുടെ ഈശ്വര എന്ന് പറയുന്നത് യജ്ഞത്തിനെ ആശ്രയിച്ചിരിക്കുന്നു ത്യാഗത്തിനെ ആശ്രയിച്ചിരിക്കുന്നു അപ്പൊ ഇത്രയും പറഞ്ഞത് കൊണ്ട് പേടിക്കണ്ട ഗീതിലുള്ള ശ്ലോകത്തിന്റെ അർത്ഥം പറഞ്ഞു അത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ യജ്ഞം ചെയ്യും തോറും ഭഗവത് അനുഭവം നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അർത്ഥം യജ്ഞം ചെയ്യും പ്രകൃതിയിലുള്ള സകല മംഗളകാര്യങ്ങളോടും നമ്മൾ കൂട്ടുനിൽക്കുന്നത് പ്രകൃതി മുഴുവൻ നമുക്ക് പിന്തുണ ചെയ്തുകൊണ്ടിരിക്കും യജ്ഞം സകലവിധ ശുഭത്തിനും മംഗളത്തിനും മൂലകാരണമാണ് അതുകൊണ്ട് യജ്ഞം ചെയ്താൽ ഈ ചക്രം ഇപ്പൊ പറഞ്ഞുവല്ലോ അന്നത്തിൽ നിന്ന് പ്രതികളുണ്ടാവുന്നു അന്നം മഴയിൽ നിന്നും ഉണ്ടാവുന്നു മഴ യജ്ഞത്തിൽ നിന്നും ഉണ്ടാവുന്നു ഈ ചക്രം ചുറ്റും വിടാതെ ഈ ചക്രത്തിന് നമ്മളും ഫോഴ്സ് കൊടുത്തുകൊണ്ടേയിരിക്കും നമ്മൾ ചെയ്യുന്ന ത്യാഗവും സൂര്യചന്ദ്രാദികളൊക്കെ നടത്തുന്ന ത്യാഗത്തിനോട് കൂടെ ചേരും അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പം എന്ന് വെച്ചാൽ അതിനാണ് ഭഗവാൻ അടുത്ത ശ്ലോകം പറയണത് അതും കൂടെ പറഞ്ഞു നിർത്താം ഏവം പ്രവർത്തിത്തം ചക്രം ീഹയ അഘായുരിന്ദ്രിയരാമോ മോഹം പാർത്ഥ സജീവതീവം പ്രവർത്തിതം ചക്രം ഇങ്ങനെ ചുറ്റുന്ന ഈ ചക്രത്തിന് യഹ ന അനുവർത്തയതി ആരാണോ അനുവർത്തനം ചെയ്യാതിരിക്കുന്നത് ഞാൻ ത്യാഗം ചെയ്യില്ല ഞാൻ യജ്ഞം ചെയ്യില്ല എന്ന് ആര് ഷാഢ്യം പിടിക്കുന്നുവോ അവൻ പാപമേ ആയുസായിട്ടുള്ളവനാണ് പാപമേ ജീവിതമായിട്ടുള്ളവനാണ് സ്വാർത്ഥത തന്നെ പാപം അഹങ്കാരം തന്നെ പാപം സെൽഫിഷ്നസ് തന്നെ പാപം ഇന്ദ്രിയാരാമ എന്തുകൊണ്ട് അവൻ സ്വാർത്ഥത ചെയ്യുന്നു ഇന്ദ്രിയ സുഖത്തിനോടുള്ള അറ്റാച്ച്മെന്റ് കാരണം എനിക്ക് ഭോഗം കിട്ടണം എന്നുള്ള അറ്റാച്ച്മെന്റ് കാരണം മോഹം പാർത്ഥ പാർത്ഥ അവൻ ജീവിക്കുന്നത് തന്നെ വൃഥാവാണ് അവന്റെ ജീവിതം തന്നെ വ്യർത്ഥമാണ് കാരണം എന്താ അവസാനം ഡിപ്രഷൻ ശൂന്യതാ പ്രതീതി ദുഃഖം അകമയ്ക്ക് തപസ് വിഷമമൊക്കെ മരണസമയത്ത് പൊന്തി വരും പല ആളുകളും ജീവിക്കുമ്പോ സുഖമായിട്ട് ജീവിക്കുന്ന പോലെയൊക്കെ തോന്നും പക്ഷെ ഈ മനോമണ്ഡലത്തില് ഭ്രമിച്ച് സ്വാർത്ഥമായിരുന്നാൽ മരണത്തിന് മുമ്പ് അത്യധികം ദുഃഖത്തിന്റെ അനുഭവം ഉണ്ടാകും ജീവിതം തന്നെ ശൂന്യമായി തോന്നും എനിക്ക് ഒന്നുമില്ല പിടിക്കാനൊന്നുമില്ല ഭഗവാനെയും പഠിച്ചില്ല ഭഗവത് അനുഭവം ഉണ്ടായില്ല ജീവിതം എന്തോ പോലെ ജീവിച്ചു കഴിയുമ്പോ അവസാനം മോഹം പാർത്ഥ സജീവ ഈ ചക്രത്തിൽ അല്പം നമ്മളുടെ കൈയും കൊടുക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ കൈ കൊടുക്കും ത്യാഗം ത്യാഗേനേക്ക് അമൃതത്വം ആനശഹൂ എന്താ ത്യാഗം സ്വാർത്ഥതാത്യാഗം ആഗ്രഹത്യാഗം ആഗ്രഹത്യാഗം കൊണ്ട് എന്ത് പ്രയോജനം ഈശ്വരൻ സദാ അനുഭവമണ്ഡലത്തിൽ ഇരുന്നുകൊണ്ടേ അങ്ങനെ ഈശ്വരൻ അനുഭവമണ്ഡലത്തിലിരുന്നാലോ സദാ ആനന്ദമുണ്ടാവും ആനന്ദം ആത്മസ്വരൂപമാണ് നിരന്തരമായ ആത്മാനുഭവം ആർക്കുണ്ടോ അയാൾക്ക് പ്രത്യേകിച്ച് ഇനി ചെയ്യാനോ നേടിയെടുക്കാനോ യാതൊന്നും തന്നെയില്ല അയാൾ ചെയ്തതുകൊണ്ട് കിട്ടാനോ ചെയ്യാത്തതുകൊണ്ട് നഷ്ടമാവാനും ഒന്നുമില്ല അയാൾക്ക് സകലവിധമായിട്ടുള്ള തൃപ്തിയും പൂർണ്ണതയും അയാളുടെ ഉള്ളിൽ ഉണ്ടാകുന്നു അതാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയാൻ പോകുന്നത് യസ്തു ആത്മരതിരേവ സ്യാദ് ആത്മതൃപ്തശമാനവഹ ആത്മനേവ സന്തുഷ്ടം വിദ്യത്തെ ദൈവതനേഹ കശനൂതർവ്യാശ്രയ പൂർണ്ണപുരുഷൻ അയാൾ പ്രത്യേകിച്ച് യജ്ഞമോ യാഗമോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അയാളുടെ എക്സിസ്റ്റൻസ് അസ്തിത്വം തന്നെ യജ്ഞമാണ് ശ്വാസോച്ഛ്വാസം തന്നെ യജ്ഞമാണ് ഓരോ ചലനവും യജ്ഞമാണ് ഓരോ ചിന്തയും യജ്ഞമാണ് ഓരോ പ്രവൃത്തിയും യജ്ഞമാണ് അയാൾ തന്നിൽ തന്നെ രമിച്ചിരിക്കുന്നു അങ്ങനെയുള്ള ആത്മയാജിയെക്കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയാൻ പോകുന്നത് അത് നമ്മൾ നാടെ കാണും